അനുസന്ധായ കർമ്മകളും ഒന്നുകിൽ താൻ അകർത്താവാണെന്ന് അനുസന്ധാനം ചെയ്യുക താൻ ഭർത്താവല്ല അനുസന്ധാനം ചെയ്യുക ഈശ്വരൻ എന്നുള്ള ഗുണങ്ങളാണ് കർമ്മം ചെയ്യുന്നത് അനുസന്ധാനം ചെയ്യുക ചിന്തിക്കുക അങ്ങനെ കർമ്മം ചെയ്യുമെന്നാണ് പറയുന്നത് ഇതിന് മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഗുണ ഗുണേഷ ഗുണമെന്ന് പറഞ്ഞാൽ സത്വരിജ സ്തം സ്തംഭം ഗുണങ്ങളാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ പല ഭാഗത്തും പറയുന്നതെന്താണ് ഞാൻ കർത്താവല്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നു അതുകൊണ്ടാണ് ഗുണങ്ങളിൽ കർമ്മം എന്നൂടെ അധികമായിട്ട് പറയുന്നത് രീതിയിൽ പലയിടത്തും പറയുന്ന ആശയം തന്നെ മൂന്നാം അധ്യായത്തെ വിശേഷിച്ചും പറയുന്നു ചിലത് പറയും ഞാൻ കർമ്മം ചെയ്യുന്നു എന്നു പറയും ചെറുത് പറയും നമ്മെ കർമാണി നിന്തി അവിടെ തന്നിൽ കർമ്മം ഇല്ലെന്നാവും അപ്പം ഇതെല്ലാം കൂടെ കണങ്കിലെടുത്തുകൊണ്ട് അപ്പൊ പിന്നെ കർമ്മം അവിടെ ഇളകുന്നു ഗുണങ്ങൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പറയുന്നു അല്ലെങ്കിൽ കർമ്മം എന്ന് കരുതുക അല്ലെങ്കിൽ ഭഗവാനും കർമ്മം എന്ന് ചിന്തിക്കുക എന്നിട്ട് പ്രവർത്തിക്കുക ആ കർമ്മണി അവസാന ഭാഗം പറയുന്നു മാതേ സംഗോസ്തകർമ്മ അനന്വേഷുന്ന ഒരു സംഘം ന യോസയാ അവിതം നെ സമസ് അനുമാകരന്ത ഗോവിന്ദമു തൂഷം വിഭവോ ഞാൻ യുദ്ധം ചെയ്യില്ല എനിക്ക് എന്ന് പറഞ്ഞു അതാണ് നയോസ്യാമി അദ്ദേഹം എന്ന് നീ പറഞ്ഞത് തീർത്ഥം പറഞ്ഞു ന യോത്സ്യ യുദ്ധ ധാതു ആത്മനിർദ്ധ ധാതുവാണ് ശരിക യോത്സ്യ പക്ഷെ ഇവിടെ യോസ്യാമി പരിസരമാണ് പ്രയോഗിച്ചു അപ്പം രാമാനുചാര്യരുടെ അഭിപ്രായത്തിൽ രീതിയിലുള്ള പാഠം നയോത്സ്യാമീതി ഗോവിന്ദം പുഷ്ടി വിഭുവഹ എന്ന് ആണ് പക്ഷെ ഇന്ന് പാഠം കിട്ടുന്ന നയോത്സ്യ എന്നാണ് അതുകൊണ്ട് ഈ ദുദ്ഘാഗം പരിശോധന അതുകൊണ്ട് പൽക്കാലത്താരോ തിരുത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പഴയ പാഠം അനുസരിച്ച് നയോസ്യാമീതി ഗോവിന്ദം മുക്വാ എന്നാണ് ഒന്നും ഭരിക്കുന്ന രീതിയിലെ ചർച്ച ഒന്നാണ് രീതിയിൽ തന്നെ പടഭേദങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥത്തിൽ ഒന്നും വ്യത്യാസം വരുന്നില്ല ഞാൻ യുദ്ധം ചെയ്തീ പറഞ്ഞത് എന്നത്ര തേ സംഘോ വസ്തു അതിന് നിനക്ക് സംഘം ഉണ്ടാകും യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞത് വൃക്തേന പ്രകാരേന യുദ്ധാദി കർമ്മീയ സംഘം നിനക്ക് യുദ്ധം തുടങ്ങിയ കർമ്മങ്ങളിൽ സംഘം സംഘം ഉണ്ടാവും അല്ലാതെ കർമ്മം ചെയ്യരുത് എന്നിടത്ത് സംഘം ഉണ്ടാകും നമ്മളിവിടെ എല്ലാം മതി കഴിഞ്ഞിരുന്നു പറയുന്നു കർമ്മത്തിൽ സംഘം ഉണ്ടാകും അല്ലാതെ ഒരിക്കലും കർമ്മം ചെയ്യാതിരിക്കുന്നതിൽ സംഘം ഉണ്ടാകും അങ്ങനെ എന്തുകൊണ്ടൊരർത്ഥം പറഞ്ഞു താഴെ പറയുന്നു അകർമ്മ സംഘ നിഷേധ ഫലിതം അന്യത്ര സംഘം കർമ്മത്തിൽ സംഘം ഉണ്ടാവണം എന്ന് പറയുന്നു എന്തുകൊണ്ടൊരർത്ഥം പറഞ്ഞു ശങ്കരാചാര്യൊരർത്ഥം പറയുന്നു ശങ്കരാചാര്യ പറയുന്നത് എന്താണ് അകർമ്മത്തിൽ സംഘം ഉണ്ടാകുന്നതെന്നാണ് അകർമ്മത്തിൽ സംഘം നിങ്ങൾ കൺവീൻസ് ചെയ്യാതിരിക്കും നിനക്ക് സംഘം ഉണ്ടാകരുതെന്ന് പറഞ്ഞാൽ കർമ്മത്തിൽ സംഘം ഉണ്ടാവണമെന്ന് അർത്ഥം വരും അങ്ങനെ ഇല്ലല്ലോ നീ അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ മറ്റൊന്ന് ചെയ്യണമെന്ന് അങ്ങനെ അർത്ഥം വരുന്നു അങ്ങനെ വരുന്നത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത് മറ്റൊന്ന് ചെയ്യണമെന്ന് വരത്തില്ല നേരിട്ടൊരർത്ഥം കിട്ടത്തില്ല പക്ഷെ ചിലടത്ത് അങ്ങനെ വരും അതിനൊരു ഫലിതാർത്ഥം എന്ന് പറയും ഇവിടെ ഫലിതാർത്ഥം നിനക്ക് കർമ്മത്തിൽ സംഘം ഉണ്ടാകരുതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിനക്ക് കർമ്മത്തിൽ സംഘം ഉണ്ടാകും അത് എങ്ങനെയുള്ള കർമ്മത്തിൽ യുദ്ധാധികൾ അർജുനനെ സംബന്ധിച്ചിടത്തോളമാണ് യുദ്ധം മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ മറ്റ് കർമ്മങ്ങൾ അത്തരം കർമ്മങ്ങളിൽ സംഘം ഉണ്ടാകണം എന്നുള്ളതാണ് ശങ്കരാചാര്യ കർമ്മത്യാഗമാണ് ശങ്കരാചാര്യ അതുകൊണ്ട് കർമ്മത്തിൽ സംഘം ഉണ്ടാകണമെന്നൊരിക്കലും ശങ്കരാചാര്യക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല അവിടെ എന്താ പറയുന്നു കർമ്മത്തെ ത്യജിക്കാൻ പറയുന്നു അതാണ് ഗീജയുടെ ആശയം എന്നുള്ളത് ശങ്കരായ കാമ്യണാം കർമ്മണംാസം സന്യാസം കവിയോ വിധു ഇതിനെ അംഗീകരിക്കുന്നില്ല ത്യാഗമാണ് സന്യാസം എന്നുള്ളത് ശങ്കരായ അംഗീകരിക്കുന്നു അത് മൂഢന്മാർക്ക് വേണ്ടി പറഞ്ഞാണ് ബുദ്ധിയുള്ളവരെ അസ്വീകരിക്കാൻ പാടില്ല ഇവിടെ രാമാനുചാരി നേരെ തിരിച്ചു പറയുമ്പോൾ നീ അകർമ്മത്തിൽ സംഘം ഉണ്ടാകരുത് എന്നാൽ കർമ്മത്തിൽ നിനക്ക് സംഘം ഉണ്ടാകണം കർമ്മം ചെയ്തേ തീരൂ എന്നുള്ളതാണ് ഗീതയുടെ മൊത്തം ആശയം ഇതാണ് ശരി അർജുനനെ ഒരിക്കലും കർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയില്ല അർജുനൻ അതാണ് പൂർവ്വമായിട്ട് ബന്ധിപ്പിച്ചത് അർജുനന്താ പറഞ്ഞത് നയോത്സീജി ഗോവിന്ദ ഞാൻ കർമ്മം ചെയ്യത്തില്ലെന്നാണ് ശങ്കരാജയത്തെ സംബന്ധിച്ച് അതാണ് സൗകര്യം കർമ്മം ചെയ്യത്തില്ലെന്ന് പറഞ്ഞു ചെയ്യാതിരുന്നവർ സന്യാസമാണ് അവിടെ നിന്ന് മാറ്റി കർമ്മത്തിൽ സംഘത്തെ ഉണ്ടാക്കുകയാണ് ഇതാണ് രണ്ടു തമ്മിൽ ഉള്ളതൊരു വളരെ പ്രധാനമായൊരു വ്യത്യാസം ഇങ്ങനൊരു ഫലിതാർത്ഥത്തെ ശങ്കരകാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല രാമാനുജാൻ അത് അംഗീകരിക്കുന്നു അതുകൊണ്ട് കർമ്മത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടതൊക്കെ ചെയ്തു സന്യാസവും ജനിക്കും സന്യാസം ശങ്കരകരുടെ അസന്യാസം വേറെയാണ് രാമാനുജാതിന്റെ സന്യാസം വേറെയാണ് ശങ്കരാരുടെ സന്യാസത്തിൽ ഒരു കർമ്മവും പാടില്ല എന്താ അല്ലേ പറഞ്ഞത് ഇപ്പൊ പറയുന്നത് ശങ്കരായെന്ന് പറയുന്നത് കർമ്മം കർമ്മമേ പാടി അങ്ങനെ അതാണ് ഗീതയുടെ ഗീതയുടെ താല്പര്യം അതാണ് സന്യാസമാണ് ഗീതയുടെ താല്പര്യം നിലപാട് അതാണ് ഗീനീ പറയുന്നത് എന്താണോ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് സർവധർമാൻ പരിത്യജ്യം മാവേഗം ജരണം കൊല്ലം സർവകർമ്മങ്ങളെയും ഉപേക്ഷിച്ച് ഭഗവാനെ ആശ്രയിക്കുന്നു അവിടെ കർമ്മം ചെയ്യുന്നതിനുള്ള ഒരു സാധ്യതയില്ല പിന്നെ കർമ്മം മൂഢന്മാര് ചെയ്യും അത് വേറെ കൈ കർമ്മത്തെ ഉപേക്ഷിക്കുക എന്നുള്ള അർജുനനോട് തന്നെ പറയുന്നത് എന്താ കർമ്മം ഉപേക്ഷിച്ചിട്ട് എന്നെ തന്നെ ആശ്രയിക്കും ഇതിൽ കൂടുതൽ എന്താ സത്യ കാര്യം എന്ന വിദ്യതേ ആത്മവന് സന്തുഷ്ട കാര്യമില്ല കർത്തവ്യമേ ഇല്ല എന്നുള്ള അതിന്റെ ഇടയ്ക്കാണ് ഭഗവാൻ പറഞ്ഞത് എന്താണ് കാമ്യാനാം കർമ്മം കാമ്യമായ കർമ്മങ്ങൾ അത് പ്രേക്ഷിക്കുന്നതാണ് സന്യാസം അപ്പൊ അതും പരിഗണിക്കലോ ത്യാജ്യം കാര്യമേവ യജ്ഞോദാന തപസ് ചെയ്തു പാവനാനും മനീഷ് യജ്ഞദാന തപസ്സുകളൊന്നും ഒരിക്കലും ഉപേക്ഷിക്കരുത് മനുഷ്യരെ അത് പവിത്രമാക്കുന്നതാണ് മനുഷ്യനെ പവിത്രമാക്കുന്ന കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഉപേക്ഷിക്കരുതെന്നും പറയും ഇതെല്ലാം കൂടെ ആകെ പരസ്പരവിരുദ്ധമെന്ന് തോന്നുന്നു അവിടെ രണ്ടുപേരും രണ്ട് നിലപാടെടുത്തു ഓരോരുത്തരും അവരുടെ സിദ്ധാന്തത്തേക്കും രാമാനുചാര്യെന്ന് പറയുന്നു കർമ്മത്തിൽ സംഘം വേണം എന്നിട്ട് കർമ്മം ചെയ്യരു ചെയ്യാതിരിക്കുന്നു അർജുനൻ എന്ന് പറയുന്ന അധികാരിയെ സംബന്ധിച്ച് രണ്ടുപേർക്കും രണ്ടു അഭിപ്രായം രാമാനുജാ സംബന്ധിച്ചിടത്തോളം ഉത്തമ സാത്വികനാണ് അർജുനൻ ശങ്കരാചാര്യെ സംബന്ധിച്ചിടത്തോളം രജോ അങ്ങനെയൊക്കെ കാഴ്ചപ്പാടുകൾ വ്യത്യാസം ഉത്തമ സാത്വികനായിട്ടും കർമ്മം ചെയ്യണമെന്നാണ് അത് ചെയ്യേണ്ട കർമ്മം എന്താ യുദ്ധം എന്തുകൊണ്ടാണ് സ്വധർമ്മം ആ സ്വധർമ്മം എന്ന് പറയുന്നത് മുൻനിർത്തി നോക്കും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് രാമാനുചാര്യരെ എന്താണ് യുദ്ധം ചെയ്യണം അത് അർജുനന്റെ രണ്ടുപേരുടെയും കാഴ്ചപ്പാടൽ ഒരു സ്റ്റെപ്പ് കൂടി രാമാനുജാൻ മുമ്പോട്ട് പോയി അകർമ്മത്തിൽ താല്പര്യം ഉണ്ടാകരുത് എന്ന് പറഞ്ഞിടത്ത് ഫലിതാർത്ഥമായ ഏതാണെന്ന് പറഞ്ഞത് അകർമ്മസംഘ നിഷേധ ഫലിതം ഒരു ഫലിതാർത്ഥത്തെ പറയാതെ പറയുന്ന നേരിട്ട് പറയാതെ പറയുന്ന കർമ്മത്തിൽ സംഘം ഉണ്ടാവും എന്നുള്ളതാണ് അത് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് അവിടെ വേണമെങ്കിൽ വേറൊരു ചോദ്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഇതിലും നിരന്തരം പറയുന്നത് അസംഘമായി കർമ്മം ചെയ്യുകയാണ് ഇവിടെ പറയുന്നത് കർമ്മത്തിൽ സംഘം വേണമെന്നാണ് അപ്പൊ ഇത് രണ്ടും എന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം അങ്ങനെ ഒരു ചോദ്യം ചിന്തിക്കുന്നവരുടെ ഭാഗ്യം അസംഗശസ്ത്രേണ ദൃഢേന അസക്ത സമാചര അസക്തനായി സമയത്തായി കർമ്മം ചെയ്യുക ഇതൊക്കെയാണ് ഗീതയുടെ ഉപദേശം സക്തമായി കർമ്മം ചെയ്യാൻ പറയുന്നിടത്ത് നേരിട്ട് എന്ന് പറയുന്നിടത്ത് ഇവിടെ എന്താ പറയുന്നത് കർമ്മത്തിൽ സംഘം വേണമെന്നോ പറയുന്നത് ഇത് ചോദിക്കും ഞാൻ ചോദിക്കുന്നു ഇവിടെയാണ് രണ്ടുപേരെയും തമ്മിലുള്ള കാഴ്ചപ്പാട് വ്യത്യാസം ചെയ്യുന്നത് രാമാനുജ ഭാഷ മൊത്തം ഒന്നും നോക്കിക്കഴിഞ്ഞു രാമാനുജാ ഇതാണോ എന്താണോ കർമ്മത്തിൽ സംഘം വേണം എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോ പ്രസക്തനായിരിക്കുക എന്ന് പറയുന്നതോ ഇവിടെ പറയുന്ന കർമ്മത്തിൽ കർമ്മത്തിൽ ശക്തി വേണമെന്ന് ശരിയാണ് കർമ്മഫലത്തിൽ അസംഘനായിരിക്കുക അത് ശരി പക്ഷെ കർമ്മത്തിൽ സംഘമുണ്ടായിരിക്കുക എന്ന് പറയുമ്പോൾ സംഗതി മാറിപ്പോയി അവിടെയാണ് പ്രശ്നം മറ്റത് ശരി തന്നെയാണ് എല്ലാവരും അംഗീകരിക്കുന്ന എന്താണ് കർമ്മഫലത്തിൽ നിസ്സംഗനായിരിക്കും അപ്പർക്കും ഒപ്പം വ്യത്യാസം വരില്ല അതല്ലല്ലോ പറയുന്നു കർമ്മത്തിൽ സംഘം വേണോ കർമ്മത്തിൽ സംഗം വന്നു കഴിഞ്ഞാൽ പ്രശ്നം വരും എന്തുകൊണ്ട് അസക്ത അസക്തനായി കർമ്മം ചെയ്യുക എന്നാണ് പറയുന്നത് സം ആചര സമ്യക്കായി പ്രവർത്തിക്കൂ അസക്തനായി എന്നാണ് കർമ്മഫലത്തിൽ അസക്തനായിരിക്കണം നമുക്ക് തർക്കമുള്ള സംഗതിയല്ല പക്ഷേ അവിടെ കർമ്മത്തിനും വരുന്നു നിർമ്മമോ ഭൂത്ത മമതയില്ലാത്തവനായി ഏതാണ്ട് ആസക്തി അപ്പോ കർമ്മത്തിൽ ആസക്തി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും നിരവധി പ്രശ്നങ്ങൾ വരും പിന്നെ ഗീതയുടെ ആശയത്തിന് തന്നെ കർമ്മത്തിൽ ആസക്തി വന്നു കഴിഞ്ഞാൽ ആസക്തിയോടുകൂടി കർമ്മം ചെയ്യുകയാണെങ്കിൽ അവന് കർമ്മഫലത്തിൽ അനാസക്തനാകാൻ കഴിയത്തില്ല കർമ്മത്തിൽ ആസക്തി വരുമ്പോൾ ആസക്തിയോടുകൂടി എങ്കിലും കർമ്മം ചെയ്യണം ഫലത്തിനോട് ആസക്തി ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ ദോഷങ്ങൾ സംഭവിക്കാമോ അതെല്ലാം സംഭവിക്കും അത് അങ്ങനെ പറയുകയാണെങ്കിൽ ഭഗവാൻ പറയുന്നത് എന്താണ് സംഘം ദക്ത ഫലം ചെയ്യും കർമ്മത്തിലുള്ള സംഘത്തെ ഉപേക്ഷിക്കണം ഫലത്ത് ഉപേക്ഷിക്കണം ഇവിടെ സംഘമില്ലാമെന്ന് തന്നെ പറയുന്നു കരിമിത്യേവ യർമ്മ നീതം നീതേർജന സംഘം തക്ത്വ കർമ്മത്തെ കുറിച്ച് കർമ്മത്തിൽ സംഘവും പാടില്ല ഫലം ചെയ്യുക വീണ്ടും കുഴപ്പവും അതെന്താ പറഞ്ഞു അതൊക്കെ ശരിയെന്ന് പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർമ്മത്തിൽ സംഘം വേണമെന്നാണ് മറ്റൊക്കെ തർക്കമില്ലാത്ത സംഗതികളല്ലേ ഭഗവാൻ ചെയ്യും കർമ്മത്തിൽ സംഘം അപ്പോ സംഘം എന്ന് പറയുമ്പോ ഇവിടെ രാമാനുജാചാര്യർ പറയാൻ ഉദ്ദേശിക്കുന്നത് മുമ്പോട്ട് വരുന്ന ഭാഗങ്ങളിൽ ഇത് വരും ഇത് നമ്മൾ അറിഞ്ഞിരിക്കും ശങ്കരാചര്ക്കാൾ ഒരു സ്റ്റെപ്പോട് മുമ്പോട്ട് കടന്നിട്ടാണ് രാമാനുചാരി ശങ്കരാചര് പറയുന്ന കർമ്മത്തെല്ലാം ഉപേക്ഷിപ്പിക്കുക സർവകർമ്മ സന്യാസി ആത്മജ്ഞാനനിഷ്ഠാപൂർവക സർവ കർമ്മസന്യാസം ഏവ എന്നാണ് ശങ്കരാചാര്യ ഭാഷ ആവർത്തിച്ചോടെ ഭഗവാൻ അർജുനെ ഉപദേശിക്കുന്നത് ആത്മജ്ഞാനനിഷ്ഠയോടുകൂടി സർവകർമ്മ സന്യാസി അതാണ് അതിന് കുറച്ച് വ്യത്യാസപ്പെടുത്തുന്നുണ്ട് രാമായു ശങ്കരാചാര്യ പറഞ്ഞതുപോലെ തീർച്ചയായും അപ്രായോഗികമായൊരാശയം സർവകർമ്മ സന്യാസം ഗീത പറയുന്നതനുസരിച്ച് അപ്രായോഗിക സന്യാസ കർമ്മോപദ്ധ്യതയെ മോഹാത്തസ്യ പരിത്യാ താമസം കർമ്മത്തിൽ നിന്ന് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അനിച്ഛൻ വിഭാഷണിയ ആഗ്രഹിച്ചില്ലെങ്കിലും എന്ത് ചെയ്യും പ്രകൃതി ത്വാം നീ ആഗ്രഹിച്ചില്ലെങ്കിലും പ്രകൃതി നിന്നെ കൊണ്ട് പണിയെടുപ്പിക്കൂന്നാ പറയും പിന്നെ എങ്ങനെയാണ് കർമ്മം ഉപേക്ഷിക്കും ആ ശങ്കരാചാര്യൻ പറയുന്നു സമാധാനം ഇതാണ് അതജ്ഞാനിക്കു വേണ്ടിയിട്ടാണ് ചോദ്യം അജ്ഞാനിക്ക് വേണ്ടിയായിക്കോട്ടെ അർജുനന് വേണ്ടിയാണോ അല്ലയോ ഭഗവാൻ പറയുന്ന എന്താണ് അർജുനോട് സർവധർമാൻ വരുത്തി ചെയ്യാം പറഞ്ഞു പറഞ്ഞതിന് കൂടുതൽ വഷളാക്കര അപ്പൊ ഇവിടെ രാമാനുചാചാര്യർ കുറച്ചുകൂടി ബുദ്ധിപരമായ ഒരു സമീപനമാണ് രാമാനുചാചര് പറയുന്നത് കർമ്മത്തിൽ സംഘം വേണം അതായത് ഒരു സാമാന്യ മനഃശാസ്ത്രമോട് പറയുന്നത് നിങ്ങൾക്ക് നിസ്സംഗമായി കഴിഞ്ഞ സ്വാഭാവിക നിങ്ങൾക്ക് കർമ്മം ചെയ്യാൻ പറ്റത്തില്ല അതാണ് എന്റെ വാസ്തവം നമ്മൾ സാറിന് പറയാനുണ്ട് ഞാൻ അയാളോട് പോയി സംസാരിച്ച് അയാളെല്ലാം നിസ്സംഗമായി കേട്ടുകൊണ്ടിരുന്നു എന്നുവെച്ചാൽ അതിനൊന്നും ഇടപെട്ടില്ല നിസ്സംഗമായി കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനെല്ലാം ഇടപെടത്തില്ല അത്ര ആക്ഷനില് നിസ്സംഗതയിൽ അവിടെ പ്രവൃത്തി ഉണ്ടാവത്തില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം നിസ്സംഗത എന്ന് പറയുന്നത് പുരുഷന്റെ സ്വരൂപമാണ് പുരുഷൻ നിസ്സംഗനാണ് പുരുഷന് പ്രവൃത്തിയില്ല നമ്മ ദ്വരെ പുരേ ദേഹി നൈവപൂർവൻ എന്ന കാരണം അന്ന് ചെയ്യുന്നുണ്ട് ചെയ്യിപ്പിക്കുന്നു അതാണ് ശരിക്കുമുള്ള നിസ്സംഗത മനുഷ്യന് സാധിക്കുന്ന എന്താണ് പുരുഷന്റെ ആ നിസ്സംഗതയെ തന്റെ മനസ്സിൽ ഭാവനയില്ല നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അത്രയും സാധിക്കും അല്ലാതെ സംഘം ഇല്ലാതെ വരിക എന്ന് വെച്ചാൽ താല്പര്യമില്ലാതെ വരിക സംഘം എന്ന് വെച്ചാൽ രാഗമാണ് സംഘത്തിൻ്റെ അടുത്ത് രാഗമെന്നാണ് സംഘമില്ലാതിരിക്കുക എന്ന് വെച്ചാൽ രാഗമില്ലാതിരിക്കുക രാഗമില്ലാതെ വന്നു കഴിഞ്ഞാൽ പ്രവർത്തിക്കും അങ്ങനെ ഒരു ചോദ്യം പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം പ്രചോദനം വേണ്ടി പ്രചോദനം ഉണ്ടെങ്കിലേ പ്രവർത്തിക്കാൻ പറ്റും എല്ലാവർക്കും പ്രവർത്തിക്കാൻ പറ്റില്ല ഞാനിപ്പോ എവിടെ ഇരുന്ന് പ്രവൃത്തി ചെയ്യുന്നു എനിക്ക് വേണമെങ്കിൽ പറയാം ഞാൻ നിസ്സംഗമായി പ്രവർത്തിക്കാൻ പറ്റും ചുമ്മാവെ എന്തുകൊണ്ട് ഇത് ഇങ്ങനൊരു പ്രവൃത്തി എടുക്കണമെന്നുള്ള ഒരു പ്രചോദനം എന്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ ഞാൻ ഈ പ്രവൃത്തി ചെയ്തിട്ടില്ല ഞാനെന്താ വേറെ എന്തെങ്കിലും പ്രവൃത്തിക്ക് പോകട്ടെ ഈ സമയം വേറെ എന്തെങ്കിലും പ്രവൃത്തിക്ക് പോകാനോ എന്തുകൊണ്ട് അവിടെ നിന്നും എനിക്ക് പ്രചോദനമില്ല എനിക്ക് രാഗമില്ല ശക്തിയില്ല സംഘമില്ല ഈ പ്രവൃത്തിയിലാണ് എനിക്ക് താല്പര്യമുള്ള ബുദ്ധൻ ഉപദേശിച്ച അതിൽ നിന്ന് തന്നെയാണ് ഗീതയുടെ കോർമ്മ തൃഷ്ണയാണ് സർവ്വ പ്രശ്നങ്ങൾക്ക് കാരണം പക്ഷേ തൃഷ്ണയില്ലാതെ പ്രവർത്തിക്കാം എന്നും പറഞ്ഞു രണ്ടും പറഞ്ഞു കൃഷ്ണയാണ് എല്ലാ പ്രവർത്തിക്കും കാർ എന്നാ തൃഷ്ണയില്ലാതെ പ്രവർത്തിക്കുക എന്നുവെച്ചാൽ അതാണ് നിസ്സംഗതയുടെ രണ്ടാമത്തെ വ്യക്തി നമ്മള് മുമ്പ് ചർച്ച ചെയ്തതാണ് പുതിയ കാര്യങ്ങൾ അപ്പോ പ്രവൃത്തിക്ക് വേണ്ടുന്ന ആ പ്രചോ പ്രചോദനം മോട്ടിവേഷനും അതിനെ തന്നെ നിഷേധിക്കുന്നു അതില്ലാതെ ഒരു മനുഷ്യനും പ്രവർത്തിക്കാൻ പറ്റത്തില്ല ഇപ്പൊ നിസ്സംഗത നിന്നുകൊണ്ടുള്ള പ്രേരണ അങ്ങനെ പ്രവർത്തിക്കാം അത്തരം ഒരു പ്രേരണയെക്കുറിച്ചാണ് ഇവിടെ നിസ്സംഗതയെ നിഷേധിച്ചിട്ടില്ല അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് രാമാനുചാചാര്യം പറയുന്നത് നിസ്സംഗതയെ അംഗീകരിക്കുന്നത് പക്ഷേ കർമ്മ പ്രേരണയെ നിഷേധിക്കുന്നില്ല ഇതിന് മോഡേൺ സൈക്കോളജി പറയുന്നത് ഇന്റലിജന്റ് ആക്ഷേപം അവിടെ ഈ ഡിറ്റാച്ച്മെന്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു അല്ലെങ്കിൽ ക്ലീൻ ആക്ഷൻ നിസ്സംഗത ഉണ്ടായിരിക്കുക എന്നാൽ പ്രചോദനവും ഉണ്ടായിരിക്കുക അതാണ് എന്ന് പറയുന്നത് കർമ്മം ചെയ്യുന്ന പ്രചോദനം നമ്മളൊരു കർമ്മം ചെയ്യുന്നെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പ്രചോദനം നമുക്ക് വേണ്ടേ പക്ഷേ അത് ഇവിടെയും പറയുന്ന അത് ഇന്റലിജന്റ് ആക്ഷൻ എന്നുവെച്ചാൽ ബുദ്ധിപരമായ പ്രവൃത്തി ബുദ്ധിപരമായ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അവിടെ നിസ്സംഗതയുണ്ട് പ്രചോദനമുണ്ട് രണ്ടു അത് ക്ലീൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് വരുന്നു ഇവിടെ ഗീതി പറയുന്ന കർമ്മം കൊണ്ട് മനുഷ്യന് വരുന്ന ദോഷങ്ങൾ അതായത് കർമ്മം ചെയ്യുന്നു അഹന്തയോടുകൂടി കർമ്മം ചെയ്യുന്നു ഗീതി പറയുന്നു അത് പാടില്ല അഹന്തയോടുകൂടി കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അഹന്തയോടുകൂടി കർമ്മം ചെയ്യാന്ന് വെച്ചാൽ അഹംബോധമില്ലാതെ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് തെറ്റായ കർമ്മവും അതിന്റെ ഫലങ്ങളും പ്രവർത്തിക്കുന്നവനെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ അഹന്തയെ വളർത്തിയെടുക്കാതെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ അഹന്തയെ വളർത്തിയെടുക്കാതെ കർമ്മവും മനുഷ്യനും ദോഷം ചെയ്യും ഫലങ്ങളും ദോഷം ചെയ്യും അതിന് ഏറ്റവും പ്രധാനമായി വരുന്ന എന്താണ് അഹന്തയോടുകൂടി കർമ്മം ചെയ്യുമ്പോഴാണ് അപ്പൊ ആ അഹന്തയെ അത് ഏറ്റവും പ്രധാനപ്പെട്ട മഹന്തയോടുകൂടി പ്രവർത്തിക്കരുണ്ട് പഴയ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നതാണ് പ്രവൃത്തി നിർമ്മലമായിട്ടിരിക്കുന്നത് നിർമ്മലമായ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അതാണ് ഇന്ന് പറയുന്നത് ക്ലീൻ ആക്ഷൻ അപ്പോൾ പ്രവൃത്തിന്റെ ഒരു ശുദ്ധിയുണ്ടായി പ്രവൃത്തിക്ക് രണ്ടും ഉണ്ടായി ഒന്ന് പ്രവർത്തിക്കൊരു പ്രചോദനം ഉണ്ടായിട്ടും മത്സ്യമ്യ പ്രവൃത്തിയിലൊരു ശുദ്ധിയുണ്ട് എന്നാല് അതിന് അതിനെ എന്തുകൊണ്ട് ബുദ്ധിപരമായ പ്രവൃത്തി എന്ന് പറയും അപ്പോ ആ കർമ്മം പ്രവർത്തിക്കുന്നവന്റെ പ്രധാനമായിട്ടും അവന്റെ ബോധതലത്തിൽ അവന്റെ മാനസിക തലത്തിൽ അവന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാതിരിക്കണം ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ബാഹ്യമായിട്ടുള്ള ഒരു അതിന്റെ ഫലത്തെ ഉണ്ടാക്കുന്നതിന് നിരവധി കാരണങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അണ്ട് നമ്മളൊരു നല്ല പ്രവൃത്തി ചെയ്താലും ചിലപ്പോൾ ദോഷമായിട്ട് വരും നമ്മൾ ആർക്കെങ്കിലും ഒരു സ്വകാര്യ നമ്മളെ ശത്രുമായി മാത്രം അപ്പോൾ പുറമേയുള്ള കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല ബുദ്ധിപരമായ പ്രവൃത്തി എന്ന് പറയുമ്പോൾ തന്റെ ആന്തരികമായ സന്തോഷം സമാധാനം ഇതിനെയൊക്കെ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയായിരിക്കില്ല അത് അങ്ങനെ ഇല്ലാതാക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കുന്നതിനാണ് ബുദ്ധിപരമായ പ്രവർത്തിക്കുന്ന പറയുന്നത് പഴയ ഒരു രീതി അനുസരിച്ച് അതിന് സ്വധർമ്മം എന്ന് പറഞ്ഞു ഇന്ന് അതിനെ ആ അർത്ഥത്തിൽ എടുക്കാൻ പറ്റി ഇന്ന് അതിനെടുക്കുമ്പോൾ എന്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് ന്യായയുക്തമായ പ്രവൃത്തികൾ മൂല്യവത്തായ പ്രവൃത്തികൾ സത്യസന്ധമായ പ്രവൃത്തികൾ ആദ്യം അത് തന്നെ പറയുന്നത് തനിക്ക് ഭയത്തെ ഉണ്ടാക്കാത്ത പ്രവൃത്തികൾ തനിക്ക് സത്യമെന്ന് തോന്നുന്ന വഴിയിൽ നിന്ന് വ്യതിചരിച്ച് താൻ പ്രവർത്തിച്ചാൽ അന്നായാലും ഇന്നായ ഇന്നായ മനുഷ്യനും ഭയമുണ്ടാകും ഇത് തനിക്കെന്തെങ്കിലും ദോഷം ചെയ്യുമോ തൻ്റെ അസത്യം പിടിക്കപ്പെടുമോ അപ്പോൾ മനസ്സ് ശാന്തമായിരിക്കണമെങ്കിൽ ബുദ്ധിപരമായി പ്രവർത്തിക്കണം ആ ബുദ്ധി എന്ന് പറയുന്നത് പ്രധാനമായും വേണ്ടി മനസ്സിന്റെ ശാന്തതയെ കളയാതിരിക്കുന്നതാണ് അപ്പോ സത്യസന്ധമായി പ്രവർത്തിക്കം സ്വധർമ്മം എന്ന് പറഞ്ഞാൽ പോരാ സത്യസന്ധമായ പ്രവൃത്തികൾ മാത്രമേ താൻ അതിനെ മാത്രമേ താൻ സ്വധർമ്മമായി പരിഗണിക്കാവൂ അല്ലാത്ത തന്റെ ധർമ്മമല്ല എന്ന് മനസ്സിലാക്കും സത്യമേത് അസത്യമേത് അങ്ങനെ എന്താണോ പൊഴഞ്ഞുപോകേണ്ട കാര്യമൊന്നുമില്ല പണ്ടായിരുന്നു സത്യം എന്താണ് അസത്യം എന്താണെന്നും മനുഷ്യനെ ആശയപ്പുഴപ്പത്തിപ്പെടുന്നു ഇന്നങ്ങനെ ആശയപ്പുഴപ്പെത്തിപ്പെടേണ്ട യാതൊരു കാര്യവും മനുഷ്യന്റെ ഉത്തരവാദിത്വങ്ങൾ എന്താണെന്നും അവന്റെ കർത്തവ്യങ്ങൾ എന്താണെന്നും അവന്റെ അവകാശങ്ങൾ എന്താണെന്നൊക്കെ ഇന്ന് നമ്മുടെ സമൂഹം നിർവചിച്ചിട്ടുണ്ട് അപ്പോ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ അതുതന്നെയാണ് സത്യം വേറെ അലൗകികമായ സത്യത്തെക്കുറിച്ചൊന്നും പ്രവർത്തിക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം അത് കൃത്യമായും നിർവചിച്ചിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം ഇതാണ് സത്യത്തിന്റെ വഴി അപ്പൊ അതനുസരിച്ചു പ്രവർത്തിച്ചാൽ മതി മനസ്സിലാവോ സത്യം എന്താണെന്നുള്ള ആർക്കെങ്കിലും ആശയക്കുഴപ്പോ എനിക്കാതെ ആശയക്കുഴപ്പം പിന്നെ ഇത്രയേ ഉള്ളൂ സത്യം ഇന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചിലപ്പോ അസത്യം പ്രവർത്തിക്കും ന്യായമില്ലതാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ അന്യായം തുടങ്ങും നീതി മനസ്സിലാക്കിയിട്ട് നമ്മൾ അനീതി തുടങ്ങും ഇത്രയേ ഉള്ള വ്യത്യാസം അതായത് ഒന്നും അറിയാതെ പ്രവർത്തിക്കുന്നവർക്കറിയാം ഇനി ആരെങ്കിലും അറിയാതെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അറിയേണ്ടതിന്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് കടമയാണ് അതാണ് കടമയെ കുറിച്ച് ഒരു പ്രവൃത്തി ചെയ്യാൻ ഇറങ്ങുമ്പോൾ അതിന്റെ ന്യായ അന്യായങ്ങളെക്കുറിച്ചും സത്യാസത്യങ്ങളെക്കുറിച്ചും നീതി അനീതിയെക്കുറിച്ചും എല്ലാം ബോധ്യപ്പെട്ടിട്ട് ഇറങ്ങണം അതിനാണ് ഇവിടെ പറഞ്ഞത് ഇന്റലിജന്റ് ആക്ഷൻ അങ്ങനെ അല്ലാതെ നിങ്ങളൊരു പ്രവൃത്തിക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് ബുദ്ധിപരമായ പ്രവൃത്തിയല്ല അവിടെ തന്റെ തകരാറാണ് അപ്പോൾ പ്രവൃത്തിയോടെപ്പോഴും ബുദ്ധി കുടിച്ചതിന് തന്നെ ഇരിക്കും അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നതിനുള്ള പ്രചോദനം അതിനുള്ള സംഭവം നടന്നു പറഞ്ഞു ഫലം ഫലം എന്താ നമ്മൾ പ്രവർത്തിക്കുന്നത് രണ്ടു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് നമ്മുടെ സുഖത്തിനു വേണ്ടി സന്തോഷത്തിന് വേണ്ടി മറ്റൊന്ന് ഭൗതികമായ പ്രതിഫലങ്ങൾ ആഗ്രഹിച്ചിട്ട് രണ്ടു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് പറയുന്നത് ഫലം എന്ന് പറയുമ്പോൾ ആ സുഖത്തെക്കുറിച്ചാണ് മനസ്സിനുണ്ടാകുന്ന ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് അത് മനസ്സിലാകണം ഉണ്ടാവും മറ്റ് ഭൗതികമായ ഉണ്ടാകുന്ന നേട്ടങ്ങൾ രണ്ടാമതേ പറയുന്നു അതങ്ങനെ ഗീത പറയാൻ കാരണം എന്താണ് കർമ്മഫലത്തെ പ്രധാനമായും സന്തോഷമായും സുഖമായിട്ടുമൊക്കെ ഗീതയെടുക്കാൻ എന്താ കാരണം അല്ല ഒന്നുകൂടെ ആലോചിച്ചാൽ ഗീത പറയുന്ന കർമ്മം ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടൊന്നാണ് സന്തോഷം സുഖം സമാധാനം ഇതൊക്കെയാണ് ചിത്തശുദ്ധിയുടെ അടയാളം എന്നാൽ ചിത്തത്തെ എന്താ ഡിറ്റർജന്റിൽ മുക്കിയെടുക്കാൻ പറ്റും ശുദ്ധിയാക്കാറുള്ളത് രാഗദ്വേഷവും വിധസ് പറയുന്നതിന് കൃത്യമായിട്ട് മനസ്സിന് സന്തോഷം സമാധാനമൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടെങ്കിൽ അത് നമ്മുടെ ചിത്തം ആ പ്രവൃത്തി കൊണ്ട് ശുദ്ധമായിരിക്കും നമ്മുടെ പ്രവൃത്തി ശുദ്ധമായിരിക്കും നമ്മുടെ പ്രവൃത്തി നമ്മൾ ഭയപ്പെടുത്തുകയാണെങ്കിൽ ഏതെങ്കിലും പിന്നെ ഇവിടെ അങ്ങനെയുള്ള പ്രവൃത്തികൾ അതിനെയാണ് ക്ലീൻ ആക്ഷനുകൾ ഈ ക്ലീൻ ആക്ഷൻ ഇന്റലിജന്റ് ആക്ഷൻ എന്നൊക്കെ മോഡേൺ സൈക്കോളജി ഉപയോഗിക്കുന്ന ടൈംസ് അതുതന്നെയാണ് വേറൊരു തരത്തിലുള്ള ഗീതയിൽ ചിത്രശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും വരുന്ന പ്രശ്നങ്ങളാണ് അപ്പോ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്ത് വളവും തെരുവുമൊക്കെ ഉപയോഗിക്കാം നേട്ടങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്ന് പറയുന്നതിന് വീതി അംഗീകരിക്കുന്നില്ല ആധുനിക ശാസ്ത്രീതി എവിടെയെങ്കിലും അതിനെന്തെങ്കിലും അതിനോ അതിനെ ന്യായീകരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാൻ നോക്കി ബയോളജി അംഗീകരിക്കുന്നില്ല ന്യൂറോ സയൻസ് അംഗീകരിക്കുന്നില്ല സൈക്കോളജി അംഗീകരിക്കുന്നില്ല സോഷ്യൽ സയൻസ് അംഗീകരിക്കുന്നില്ല ഒരിടത്ത് നിങ്ങളുടെ പ്രവൃത്തിയുടെ അശുദ്ധിയെ അംഗീകരിക്കുന്നില്ല കാരണം ഇന്ന് ചിന്തിച്ചതും പഴയകാലത്ത് ചിന്തിച്ചതും സമൂഹത്തിന്റെയും വ്യക്തിയുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ട് പിന്നെ മനുഷ്യൻ പ്രായോഗികമായി പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിന് വിപരീതമായി സംഭവിച്ചിട്ടുണ്ട് അത് മറ്റൊരു കാര്യം അപ്പോ കർമ്മം ചെയ്ത് തന്നെ തീരണം ആ കർമ്മത്തിനുള്ള പ്രചോദനം വേണം സംഘോ വസ്തു സംഘം ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് സംഘോന്നിച്ച പ്രചോദനം മോട്ടിവേഷൻ എല്ലാ കാര്ക്കും പ്രവർത്തിക്കാൻ പറ്റില്ല നമ്മൾ വെറുതെ പറയുക അങ്ങനെ പ്രവർത്തിക്കുന്നു പക്ഷെ അത് ബുദ്ധിപരമായ കർമ്മമായിരിക്കുന്നു എന്തുകൊണ്ട് ആ കർമ്മം തനിക്ക് ആന്തരികമായി ദോഷം വന്നിട്ട് ഭൗതികമായ ഫലം ബാഹ്യമായ ഫലം അനുകൂലമായിരുന്ന നല്ലത് നിർഭാഗ്യവശാ ചില പ്രതികൂലമാണ് എന്ത് ചെയ്യാൻ പറ്റും അതിന് തന്നെ നമുക്ക് അങ്ങനെ സംഭവിക്കാം ഒരു വ്യക്തി എന്നുള്ള ആ വ്യക്തിയിൽ ആ വ്യക്തിക്ക് നിയന്ത്രണവും സ്വാധീനവും ഉണ്ടായി അല്ലെങ്കിൽ ഈ ആധ്യാത്മിക ശാസ്ത്രമൊക്കെ വെറും ചവറായി ഇതൊക്കെ ചവിറ്റു കൂട്ടിക്കളയേണ്ടി എന്താണ് ഒരു വ്യക്തിയിൽ ആത്മീയത ആ വ്യക്തിയിൽ സ്വാധീനം ചെലുത്തിയില്ലെങ്കിൽ ആ വ്യക്തിയിൽ ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയില്ലെങ്കിൽ ഇതുകൊണ്ടെന്താ പ്രയോജനം അപ്പൊ അവിടെ ബുദ്ധിപരമായി കർമ്മം ചെയ്താലേ പറ്റും ബുദ്ധി വേണം എന്നാൽ അത് നിലപത്ത അതുകൊണ്ട് ആ പ്രചോദനത്തെയൂടെ പറയും കർമ്മം ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടായിരിക്കണം പിന്നെ കർമ്മം എന്താണ് കർമ്മത്തെ തീരുമാനിക്കുന്ന ഓരോ കാലങ്ങളിലാണ് ഒരു കാലത്തെ കർമ്മം വേറൊരു കാലത്തെ അകർമ്മമായി മാറും അതിന് എന്ത് ചെയ്യാനോ കാലം മാറുന്നുണ്ട് കർമ്മങ്ങൾക്കും മാറ്റം ഇപ്പൊ കർമ്മം എന്ന് പറയുമ്പോ പ്രവൃത്തി പ്രവൃത്തി എന്ന് പറയുമ്പോ നമ്മുടെ ഇന്നത്തെ കാലത്ത് നമുക്ക് യോജിച്ച പ്രവൃത്തി അത്രയും നമുക്ക് ചിന്തിക്കാൻ പറ്റും പഴയ പ്രവൃത്തിയാകുന്നു ചിന്തിച്ചിട്ട് കാര്യം പഴയ കർമ്മങ്ങൾ പലതെന്ന് അകർമ്മമാണ് ഇവിടെ പുരാണങ്ങളിലും അവിടെയും ഒക്കെ പറഞ്ഞിരിക്കുന്ന പല കർമ്മങ്ങളെയും കർമ്മമല്ല അകർമ്മമാണ് തീർച്ചയായിട്ടും കേട്ടില്ല ആ അവസാനം പറഞ്ഞു കേട്ടില്ല അതുകൊണ്ടാണല്ലോ ഞാൻ ഈത തുടങ്ങിയപ്പോഴേ പറഞ്ഞതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുമായ കാര്യം വീണ്ടും എന്നെ അതൊക്കെ പറയിക്കുകയാണ് ഒന്നും പറയിക്കണ്ടെന്ന് ഞാൻ പറയണ്ട പറയണ്ട പറയണ്ട എന്ന് വിചാരിച്ചാൽ പറയൂ പറയൂ പറയൂ എന്ന് നിങ്ങൾ പ്രേരിപ്പിച്ചു ചോദ്യം ടെററിസ്റ്റ് ആൾക്കാരെ വെടിവെക്കുന്നു അയാൾ കരുതുന്ന എന്താണ് കൊല്ലുന്നത് പുണ്യപ്രവൃത്തിയാണ് സ്വർഗത്ത് പോകാം എന്നിട്ട് അയാൾ കരുതുന്നു അപ്പോ ആ പ്രവൃത്തിയെ അന്യായീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അത് ഞാൻ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു ഇനി പറയാൻ വന്നാതെ തന്നെ പറയേണ്ടി വരും അതായത് പറഞ്ഞില്ല ക്ലീൻ ആക്ഷൻ എന്ന് പറയുന്നിടത്ത് ഇതെല്ലാം വരും എന്ന് വെച്ചാൽ അഹിംസ ഒരിക്കലും ക്ലീൻ ആക്ഷൻ അല്ല അത് ടെററിസ്റ്റ് ചെയ്താലും ശരി ആര് ചെയ്താലും ശരി ടെററിസ്റ്റ് എന്ന് പറയുന്നത് ശരിയാണ് കുറെ ആൾക്കാർ ഇങ്ങനെ വെടിവെച്ച് കൊല്ലാൻ നടക്കുന്നുണ്ട് അവരൊക്കെ ടെററിസ്റ്റുകളാണ് പക്ഷെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ നിന്നും ഉണ്ട് ടെററിസ്റ്റ് നമ്മൾ തോക്കെടുത്ത് വെടിവെക്കില്ലെന്നേ അവസരമെന്ന നമ്മളെ കൊണ്ട് ആയതൊക്കെ നമ്മൾ തീവ്രമായ ചിന്ത എന്തിന്റെ പേരിൽ അത് മതത്തിന്റെ പേരിൽ തന്നെ വേണമെന്ന് അങ്ങനെ നമ്മുടെ ഉള്ളിൽ വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ നമ്മൾ ടെഡറിച്ചിട്ടാണ് ഒരു സംശയം അതുകൊണ്ട് എല്ലാ ഹിംസാത്മകമായ പ്രവൃത്തികളും ഒഴിവാക്കേണ്ടതാണ് കേട്ടില്ല കോടതി ശിക്ഷിക്കുന്നത് എന്ന് പറയുന്നത് ആധുനികമായ കാഴ്ചപ്പാട് പഴയ കാലത്തെ കോടതിയിലെ പൊതുസ്ഥലത്ത് കൊണ്ടു നിർത്തിയിട്ട് കല്ലെറിഞ്ഞ് കൊല്ലുക ഈ അടുത്ത കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ കൊണ്ട് മതിലിന്റെ അടുത്തു കൊണ്ട് നിർത്തിയിട്ട് കുറ്റവാളിയുടെ മേൽ കൊണ്ട് ഒരു മതില് ജേഴ്സി വെച്ചിടിച്ചിട്ട് കൊടുത്തു വയളകനു അതിന്റെ അടി കിടന്ന് ഇഞ്ചിരി ഇഞ്ചിരി ഇഞ്ചിരിങ്ങി എടുത്തു മാറുന്നു മനസ്സിലായാലും ശിക്ഷയിലെന്ന് പറയുന്ന എന്താണ് കൊല ഒഴികെയുള്ളത് ശിക്ഷയാക്കാം ഇനി കൊല ശിക്ഷ ആക്കിയെടുത്തോ സംസ്കൃത മനുഷ്യൻ പറയുന്ന എന്താണ് വേദനിപ്പിക്കാതെ പോലോ അവന് വേദന അറിയാനും അനുഭവം ചത്തിരിക്കും മനുഷ്യന്റെ ചിന്താഗതികൾ മാറി വരികയാണ് അപ്പൊ ഇന്ന് ശിക്ഷ എന്ന് പറയുന്ന എന്താണ് പഴയകാലത്ത് ശിക്ഷ എന്ന് പറയുന്ന പകരം വീട്ടിലാണ് ഇന്ന് ശിക്ഷ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ പരിവർത്തനപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള പരീക്ഷണമാണ് അതാണ് ഇന്നത്തെ ശിക്ഷ ലോകം അംഗീകരിക്കുന്നതാണ് എല്ലായിടത്തും എന്തെങ്കിലും അവനെ മാറ്റിയെടുക്കാൻ പറ്റുമോ കാരണം അവന് ചില അവകാശങ്ങളുണ്ട് ഇനി അത് അങ്ങനെ വരാൻ കാരണം എന്താണ് മനുഷ്യന് മനുഷ്യന്റെ ഘടനയെക്കുറിച്ച് അറിവ് മാറി മാറി മാറി വരികയാണ് പഴയതുപോലെ ഞാനൊരുത്തരം കൊല്ലണമെന്ന് വിചാരിച്ചു കൊന്നു അങ്ങനെ അല്ല ഞാൻ കൊല്ലുന്നു എന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ അറിയില്ല ഞാനതിന് ഉത്തരവാദി പോലും ആയിരിക്കുകയില്ല എന്റെ ബ്രെയിനായിരിക്കും എന്നെ അതിനെ പ്രേരിപ്പിക്കുകയുള്ളൂ അതെന്താണ് എൻ്റെ കൂടെ നന്നുണ്ടാക്കുന്നതെന്ന് എനിക്കെന്നെ അറിയും ഒരുപാട് കേസ് സ്റ്റഡീസും ടോക്കെടുത്തുകൊണ്ട് പൊതു നേരത്ത് നിന്ന് വെടിവെച്ച് പോകുന്ന ഒരാളാണ് പരിശോധിച്ചപ്പോൾ അതിന് ഒരു ട്യൂമറാണ് അപ്പൊ അയാളെങ്ങനെ ശിക്ഷിക്കണം അയാളാണ് അതിന് ഉത്തരവാദി അപ്പോ നിങ്ങളുടെ ജൈവഘടന തന്നെ ചിലപ്പോൾ നിങ്ങളെ വരെ ഹിംസകനാണ് സിംഹം വേട്ടയാടുന്ന എന്താണോ അതിന്റെ ഇൻബിൽറ്റ് സോഫ്റ്റ്വെയർ ആണോ അതിനെ കൊണ്ട് വേട്ടയാടിക്കുന്നത് അതിനത് ചെയ്തേ പറ്റൂ ഹിംസ എന്ന് പറഞ്ഞ് നമുക്ക് അതിൻ്റെ പേരിൽ അതിനെ കൊല്ലാൻ പറ്റും ഒന്നിനും വേട്ടയാടി തിന്നുന്നില്ല എന്തുകൊണ്ട് അതോ എന്റെ ഇൻബിൾട്ട് സോഫ്റ്റ്വെയർ ആണോ അനാരെയും വേട്ടയാടിക്ക് കൊല്ലാൻ പറ്റത്തില്ല കൊല്ലു തിന്നാനേ പറ്റും അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ മനുഷ്യനൊന്നും കൂടുതൽ അറിവുണ്ടായി വരുമ്പോ ശിക്ഷയുടെ സങ്കല്പങ്ങളൊക്കെ മാറി വരികയാണ് അതുകൊണ്ട് ടെററിസ്റ്റ് കൊല്ലുകയാണോ അല്ലെങ്കിൽ ടെററിസ്റ്റിനെ കൊല്ലുകയാണോ ഏതായാലും അടിസ്ഥാനപരമായി ഹിംസ എന്ന് പറയുന്നത് ആധുനിക മനുഷ്യൻ മനസ്സിലാക്കുന്ന പഴയ രീതിയിൽ മനസ്സിലാക്കിയ പോലെ അല്ല അത് എത്രമാത്രം ഒഴിവാക്കാം അത്രമാത്രം പിന്നെ നമുക്ക് ഒരു ഒരു വലിയൊരു തകരാറും നമ്മളീ പഴയ ശാസ്ത്രങ്ങളും അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊന്നൊരു അന്ധമായ ബാധ്യത വരികയും ഈ സന്യാസം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് എല്ലാ കൊള്ളരുതായ്മകളെയും ന്യായീകരിക്കുന്നതിനാണ് ഈ വേഷം കിട്ടുന്നത് മുമ്പെന്തൊക്കെ നടന്നിട്ടുണ്ടോ അതിനെല്ലാം നമ്മൾ ന്യായീകരിച്ച് വിളിപ്പിക്കണം ഡിഫൻഡ് ചെയ്യണം അതിനുവേണ്ടിയിട്ടാണ് ഈ വേഷം ധരിച്ചിരിക്കുന്നവരോ ആ പണിക്ക് എന്നും കിട്ടില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അതിന് കിട്ടാത്തത് കഴിയുന്നത്ര നമ്മുടെ ബോധ്യങ്ങൾക്കനുസരിച്ചും കഴിയുന്നത്ര എന്ന് ഞാൻ പറയുന്നു സത്യസന്ധമായും ജീവിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് ബൗദ്ധിക കാപട്യവും പ്രവൃത്തിയിൽ വരുന്ന കാപട്ട്യം പോലെ തന്നെ മോശമാണ് മറ്റാരുടെയെങ്കിലും സ്വത്ത് മോഷ്ടിക്കുന്നത് മോശം പ്രവൃത്തിയാണ് ബൗദ്ധിക മോഷണം എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെയൊക്കെ നമ്മൾ സംസ്കരിച്ച മനുഷ്യന്റെ കാഴ്ചപ്പാടനുസരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും സംസ്കരിക്കപ്പെട്ട മനുഷ്യൻ എന്ന് വെച്ചാൽ സംസ്കരിക്കപ്പെട്ടതെന്ന് ഞാൻ പറയും കർമ്മം എന്താണ് ലക്ഷക്കണക്കിന് മനുഷ്യ വർഷങ്ങൾ കൊണ്ടാകുന്ന മനുഷ്യൻ ഈ രീതിയിലെങ്കിലും ആയു ഇത് പൂർണ്ണമായും സംസ്കരിച്ചല്ല ആയ ഇന്നത്തെ നല്ല ചിന്തകൾ അർത്ഥവത്തായ ചിന്തകൾക്ക് അനുസരിച്ച് ചിന്തിക്കുമ്പോൾ ഈ കൊല്ലും കൊലയുമൊന്നും ഒരിക്കലും ധർമ്മവുമില്ല അങ്ങനെ ധർമ്മമൊന്നും വിളിക്കാൻ പറ്റില്ല അതിന് യാതൊരു ന്യായീകരണമില്ല അത് ആർക്കും പുണ്യം ഉണ്ടാക്കുന്നില്ല ആർക്കും ചിത്ര ശുദ്ധിക്ക് ഉപകരിക്കുന്നില്ല എന്തിന് നമ്മുടെ മനസ്സിന് ഒരു ഹിംസ്രമായ ചിന്ത ഒരു ഹിംസാത്മക ചിന്ത പോലും ഒന്നും നമ്മുടെ മനസ്സിന് മലിനമാക്കുമെങ്കിലും പ്രവൃത്തികൾ മലിനമാക്കുമെന്നുള്ളതിൽ എന്താ സംശയം ആ ഒരാശയത്തിൽ നിന്ന് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈത വ്യാഖ്യാനിക്കേണ്ട യാതൊരു ആവശ്യം ഏത് പോലെ അറപ്പില്ല അതിനെ ന്യായീകരിക്കാൻ ഈത വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല കാലം മാറിക്കും അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ക്ലീൻ ആക്ഷനെ കുറിച്ചാണ് ശുദ്ധമായ പ്രവൃത്തി എത്ര സാധിക്കുന്ന ഓ നിങ്ങളങ്ങനെ ധരിച്ചടിയത് ഞാൻ ക്ലീൻ ആക്ഷൻ ചെയ്ത് ജീവിക്കുന്ന ആണല്ലോ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒരു ക്ലെയിമൊന്നും എനിക്കില്ല പക്ഷേ നമ്മളതിനുവേണ്ടി ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കണമെങ്കിൽ എന്ത് വേണം ബൗദ്ധികമായി പ്രവർത്തിക്കെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കാനുള്ള പ്രചോദനം വേണം അതാണ് കൂടെ പറയുന്ന ശ്രദ്ധ എന്ത് പ്രവർത്തിക്കുന്നാലും ാലോചിതമായി ദേശോചിതമായി നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം സമാധാനം നിർഭയത്വം ഇതൊന്നും കളയാതെയുള്ള പ്രവൃത്തിയാണ് അങ്ങനെയുള്ള പ്രവൃത്തി അത് ഭൗതികമായ ലാഭവും നഷ്ടവും നോക്കാതെ അങ്ങനെ സന്തോഷമായി ജീവിക്കുമ്പോൾ മനുഷ്യൻ ചത്തുപോട്ടെ എന്താ നഷ്ടം സന്തോഷമായിട്ടല്ലേ മരിക്കും ഒരു ഒരു യാതൊരു നഷ്ടം വരാറില്ല അതാണ് ഏറ്റവും പുതിയ സമ്പത്ത് ആന്തരികമായ ശാന്തി സമാധാനം സന്തോഷം അപ്പോ അതിനു വേണ്ടി എന്താണ് നമ്മുടെ ആന്തരികമായ സന്തോഷം സമാധാനം സംതൃപ്തി അതിനുവേണ്ടി ഒന്നിനെയും പരിഹരിക്കാതിരിക്കും അത് ഒന്നിനു വേണ്ടി അതിനെ ഉപേക്ഷിക്കായിരിക്കും അവന ഒന്നിനു വേണ്ടി അതിന് ഉപേക്ഷിക്കരുത് മറ്റെന്തെങ്കിലും വേണ്ടി നമ്മുടെ ആന്തരികമായ സംതൃപ്തി സന്തോഷം അതിനെ കളയരുത് മറ്റേതെങ്കിലും ഒന്നിനു വേണ്ടി അതിനെ കളയരുത് അതിനുവേണ്ടി മറ്റെന്തിനും ഉപേക്ഷിക്കും അതിനുവേണ്ടി വേറെ ഏതിനും ഉപേക്ഷിക്കും ഇപ്പം നമുക്ക് ഡിഫൻസീവായി ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമുക്ക് ന്യൂട്രലായി ചിന്തിക്കാം പ്രത്യേകിച്ച് ആരുടെയും ഭക്ഷണം പിടിക്കാതെ ചിന്തിക്കാം അങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സ് സ്വസ്ഥവും സമാധാനമായി ഭൗതികമായി ലാഭവും നഷ്ടവും ഒക്കെ ഉണ്ടാവും അത് ഒരു ദോഷമാണ് അവിടെ നമുക്ക് നേട്ടങ്ങൾ മാത്രമുണ്ടാക്കി പോകാൻ കഴിഞ്ഞെന്ന് വരത്തില്ല ഓട്ടങ്ങളും ഉണ്ടാവും അപ്പൊ ആ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ സന്തോഷത്തെ ബലി കഴിക്കുക നമ്മുടെ സന്തോഷത്തിന് വേണ്ടി എന്തിനെയും ബലി കഴിക്കാൻ കയറില്ല അതിന് നമ്മൾ ന്യൂട്രലായി അതാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം നമുക്ക്